ാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിലേക്ക് വേദപഠനത്തിന്റെ ഭാഗമായിട്ട് നാം ഇന്ന് കടന്നു അവിടെ അതിൻ്റെ തുടക്കത്തില് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ പരശിശുശ്രൂഷയുടെ അവസാന രംഗങ്ങളിലേക്ക് വരികയാണ് അവിടെ ശാസ്ത്രന്മാരും മൂപ്പന്മാരും യഹൂദ പ്രമാണികളും സദൂക്ക്യരും അങ്ങനെ പരീഷന്മാരും അങ്ങനെ പല തരത്തിൽപ്പെട്ട യഹൂദ നേതാക്കളൊക്കെ കർത്താവിനെ പലതരത്തിൽ വാക്കില് പിടിക്കാനായിട്ട് ശ്രമിക്കുന്ന അതിൻ്റെ ഒരു നേർ ചിത്രമാണ് നമ്മൾ ഗ്ലൂക്കോസ് ഇരുപതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്നാൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയായിട്ട് കർത്താവ് വളരെ വ്യക്തതയോടെ വളരെ ജ്ഞാനത്തോടെ കർത്താവ് മറുപടി പറയുന്നതും നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മളിവിടെ നോക്കുക കർത്താവിനോട് ആദ്യം അവരെ മതപരമായ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് നീ ഇതൊക്കെ ഇതൊക്കെ ചെയ്യാനായിട്ട് നിനക്കെന്താണ് അധികാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ അതിൻ്റെ തൊട്ട് മുകളിൽ പത്തൊൻപതാമത്തെ അധ്യായത്തിൻ്റെ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് കർത്താവൂതന്മാരുടെ ദേവാലയത്തിൽ ചെന്ന് അവിടെ അത് പ്രാർത്ഥനാലയമാണ് നിങ്ങൾ ഇതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തല്ലോ എന്ന് പറഞ്ഞ് വിൽക്കുന്നവരെയൊക്കെ പുറത്താക്കി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവിൻ്റെ പരശുശുശ്രൂഷയുടെ അവസാനഘട്ടത്തിൽ കർത്താവ് ചെയ്ത ഒരു കാര്യമാണ് പരശുശുശ്രൂഷയുടെ ആദ്യഘട്ടത്തിലും കർത്താവ് ഒരിക്കലും ദേവാലയം ശുദ്ധീകരിച്ചതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു ഇവിടെ ഇങ്ങനെ ദേവാലയം ശുദ്ധീകരിച്ച് ഈ നിലയിൽ സദൂക്കരുടെയും പുരോഹിതന്മാരുടെയും ഒക്കെ സമ്പാദ്യത്തിനുള്ള അവസരങ്ങള് വിൽക്കുന്നവരെയൊക്കെ പുറത്താക്കിയത് ഒക്കെ കണ്ടപ്പോൾ അവർ സ്വാഭാവികമായിട്ട് അതിനെ തുടർന്ന് തൊട്ടടുത്ത അദ്ധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഇരുപതിൻ്റെ ആദ്യ വാക്യങ്ങളിൽ മതപരമായ ഒരു ചോദ്യം ചോദിക്കുകയാണ് നിനക്ക് ഇങ്ങനെ ഞങ്ങളുടെ ദേവാലയത്തിൽ നമ്മുടെ ദേവാലയത്തിൽ കയറി ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആരാണ് അധികാരം ചു തന്നത് എന്തധികാരം കൊണ്ടാണ് നീ ഇത് ചെയ്യുന്നത് എന്നൊരു ചോദ്യമാണ് ആദ്യമായിട്ട് ചോദിക്കുന്നത് പിന്നീട് നമ്മൾ ഈ അധ്യായത്തിലേക്ക് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതിൻ്റെ ഇരു പത്തൊൻപത് മുതലുള്ള വാക്യത്തിൽ വരുമ്പോൾ അവിടെ അവർ കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ എന്ന് പറഞ്ഞ് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ഒരു സംശയമാണ് ഒരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത് ഒടുവിലായിട്ട് അതിൻ്റെ ഇരുപത്തിയേഴ് മുതൽ ഉള്ള വാക്യങ്ങളെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ സദുഖ്യന് ചിലര് വന്ന് കർത്താവിനോട് വേദശാസ്ത്രപരമായ ഒരു സംശയം ചോദിക്കുന്നു നോക്കുക മതപരമായ ചോദ്യം രാഷ്ട്രവുമായി ബന്ധപ്പെട്ടത് ദൈവശാസ്ത്രപരമായത് ഇങ്ങനെയൊക്കെയുള്ള വിവിധമായ ചോദ്യങ്ങൾ കർത്താവിനോട് ചോദിച്ചിട്ടും അവിടെയൊക്കെയും കർത്താവ് വളരെ സമർത്ഥമായിട്ട് ജ്ഞാനത്തോടെയും അവർക്ക് പിടികൊടുക്കാതെ അവരുടെ വായടപ്പിക്കത്തക്ക നിലയിൽ പെരുമാറി അതാണ് ഇവിടെ വിവരിക്കുന്നത് ഒന്നാമത് ഇവരിപ്പോൾ ഇരുപതിൻ്റെ ഗ്ലൂക്കോസ് ഇരുപതിൻ്റെ ഒന്ന് മുതൽ നമ്മൾ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത് അവിടെ കർത്താവിനോട് ചോദിച്ചു നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു നിനക്ക് ആരാണ് ഈ അധികാരം തന്നത് ഈ ചോദ്യം ഇവരെ പലരോട് ചോദിച്ചിട്ടുണ്ട് തങ്ങൾക്ക് മനസ്സിലാകാത്ത നിലയിൽ പ്രവർത്തിക്കുന്ന പലരോടും ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട് യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പത്തൊൻപത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ നോക്കുക അവിടെ യോഹനൻ സ്നാപകൻ തൻ്റെ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഈ യഹൂദാ മേധാവികൾ വന്നിട്ട് നീ ആര് നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് യോഹനാനോട് ചോദിച്ചു യോഹന്നാൻ സ്നാപകനോടങ്ങനെ ചോദിച്ചു യോഹനാൻ്റെ സുശേഷൻ രണ്ടാമധ്യായത്തിൻ്റെ പതിനെട്ട് ഇരുപത്തിരണ്ട് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ തുടക്കത്തിലും ഇവർ ചോദിച്ചു നിനക്കിങ്ങനെയുള്ള അധികാരം എന്താണ് എന്ന കർത്താവിൻ്റെ അധികാരത്തെ അവിടെയും അവർ ചോദ്യം ചെയ്യുന്നു ഇവിടെ ഇതാ കർത്താവ് ഈ ദേവാലയത്തെ ശുദ്ധീകരിച്ച് കഴിഞ്ഞപ്പോഴേ അതിനെ തുടർന്ന് ഇവർ ചോദിക്കുന്നു ഈ അധികാരം തന്നത് ഉടനെ കർത്താവ് പറയുന്നു ഞാനും ഒരു ചോദ്യം ചോദിക്കാം യോഹന്നാൻ്റെ സ്നാനം എവിടെ നിന്നാണ് സ്വർഗത്തിൽ നിന്നാണോ അതോ മനുഷ്യരിൽ നിന്നാണോ സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നാണോ എന്നാണ് ഉദ്ദേശിക്കുന്നത് യഹൂദന്മാരുടെ ഇടയിലെ രീതി എന്തെന്ന് പുറപ്പാട് പുസ്തകം ഇരുപത്തി ഇരുപതാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം അനുസരിച്ച് ദൈവത്തിൻ്റെ നാമം വൃഥാ എടുക്കരുത് എന്നുള്ളതനുസരിച്ച് ദൈവമെന്ന് സാധാരണ ഉപയോഗിക്കുകയില്ല ദൈവം എന്നുള്ളതിന് പകരം സ്വർഗം എന്നാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് യോഹന്നൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ് യോഹന്യാൻ്റെ സ്നാനം ദൈവത്തിൽ നിന്നുള്ളതാണോ അതോ മനുഷ്യരിൽ നിന്നുണ്ടായതാണോ അവർ പറഞ്ഞു സ്വർ അവർ തമ്മിൽ ആലോചിച്ചിട്ട് ഇങ്ങനെയാണ് അവരുടെ ചിന്ത വന്നത് സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നാണ് യോഹന്യാൻ്റെ ഈ നിയോഗം വന്നത് എന്ന് നമ്മൾ സമ്മതിച്ചാൽ യേശു ഉടനെ ചോദിക്കും എന്തുകൊണ്ട് നിങ്ങൾ പിന്നെ യോഹന്നാനെ അനുസരിച്ചില്ല എന്ന് ചോദിക്കും മനുഷ്യരിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ഈ ജനത്തില് നമ്മെ ക അതുകൊണ്ട് അവർ പറഞ്ഞു ഈ രണ്ട് ഓപ്ഷനും അവർ നോക്കിയിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്കറിഞ്ഞുകൂടാന്ന് പറഞ്ഞു യേശുവും പറഞ്ഞു എന്നാൽ ഇത് ഏത് അധികാരം കൊണ്ടാണ് ഞാനിത് ചെയ്തത് എന്ന് നിങ്ങളോട് പറയുന്നില്ല എന്ന് പറഞ്ഞ് അവരുടെ വായ അടപ്പിക്കുന്നു ഇരുപതാമത്തെ അധ്യായത്തിൻ്റെ തൊട്ടടുത്ത പാരഗ്രാഫിൽ യേശു ജനത്തോടൊരു ഉപമ പറയുകയാണ് ഒരാളൊരു മുന്തിരി തോട്ടം നട്ടുണ്ടാക്കി എന്നിട്ട് അത് കുടിയാന്മാരെ ഏൽപ്പിച്ചു അനുഭവം വാങ്ങേണ്ട സമയമായപ്പോൾ അതിൻ്റെ വിളവ് ആയപ്പോഴ് തൻ്റെ ദാസന്മാരെ പറഞ്ഞയച്ചു പക്ഷേ ഈ കുടിയാന്മാരെന്ത് ചെയ്തു അവർ ഈ ദാസന്മാരെ തല്ലി വെറുതെ അപമാനിച്ച് അയച്ചു കളഞ്ഞു ഒടുവിലെ സ്വന്തം പുത്രനെ അയച്ചു പക്ഷേ സ്വന്തം പുത്രനെ ഈ യജമാനൻ അയച്ചപ്പോൾ ആ കുടിയാന്മാരെന്തു ചെയ്തു ഇവനാണ് അവകാശം ഇവനെ കൊന്നു കളഞ്ഞാൽ നമുക്ക് അവകാശം കിട്ടും എന്ന് പറഞ്ഞ് ആ പുത്രനെ കൊന്നു കളഞ്ഞു എന്നാൽ തോട്ടത്തിൻ്റെ ഉടമസ്ഥനെ ഈ കുടിയാന്മാരെ നിഗ്രഹിച്ച് തോട്ടം അവരിൽ നിന്ന് ഏറ്റെടുക്കും എന്നെല്ലാം പറയുന്ന ആ ഭാഗമാണ് അപ്പോൾ ഇത് യഹൂദന്മാരെ ഉദ്ദേശിച്ച് ഉള്ള ഒരു ഉപമയായിട്ട് നമുക്കെടുക്കാനായിട്ട് കഴിയും നമ്മൾ ഈ മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് ദൈവം എപ്പോഴും മുന്തിരിത്തോട്ടം തൻ്റെ ജനത്തെ ഉദ്ദേശിച്ച് പറയാറുള്ള നിലയിലുള്ള ഒരു സാധനപാഠമാണല്ലോ രൂപമയാണല്ലോ യശിയാവിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നല്ല ഫലമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ കാട്ടുമുന്തിരിങ്ങച്ചതിനെ കുറിച്ച് പറയുന്നു അപ്പോൾ ഇവിടെ ഇതാ ഈ യഹൂദന്മാരെന്ന തൻ്റെ സ്വന്തം ജനത്തിനടുത്തേക്ക് അവിടെ തൻ്റെ കാലാകാലങ്ങളിൽ അവരിൽ നിന്ന് നല്ല ഫലമാണ് ദൈവം പ്രതീക്ഷിച്ചത് ാവ് അഞ്ചില് പ്രതീക്ഷിച്ചതുപോലെ നല്ല മുന്തിരിങ്ങിയാണ് പ്രതീക്ഷിച്ചത് അതിനായിട്ട് അവരിൽ നിന്ന് ഫലം വാങ്ങാനായിട്ട് തൻ്റെ ദാസന്മാര് ദാസന്മാരെന്ന് പറഞ്ഞാൽ തൻ്റെ പ്രവാചകന്മാരാണ് കാലാകാലങ്ങളിൽ തൻ്റെ പ്രവാചകന്മാരെ അയച്ചു പക്ഷേ ഈ കുടിയാന്മാര് അല്ലെങ്കിൽ യഹൂദാജനത എന്തു ചെയ്തു കളഞ്ഞു അവരെയൊക്കെ കൊന്നു കളഞ്ഞു കളഞ്ഞു അല്ലെങ്കിൽ അവരുടെ വാക്ക് കേട്ടില്ല നമ്മൾ നെഹമ്യാവിൻ്റെ പുസ്തകം ഒൻപതാമത്തെ ആയ ഇരുപത്തി ആറാമത്തെ വാക്യം അവിടെ പറയുന്നു നിന്റെ പ്രവാചകന്മാരെ അവർക്കൊന്നു കളഞ്ഞു ഇരമ്യാവിൻ്റെ പുസ്തകം ഏഴാമധ്യായത്തിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്താറ് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു പ്രവാചകന്മാരെ അവർ കേട്ടനുസരിക്കാതെ ദുശാഠ്യം കാട്ടി ദോഷം ചെയ്തു അതുപോലെ തന്നെ ഇരമ്യാവ് ഇരുപത്തഞ്ചിൻ്റെ നാലില് ഈ പ്രവാചകന്മാരുടെ വാക്കുകളെ അവർ കേട്ടില്ല കേൾക്കാൻ തക്കവണ്ണം അവർ ചെവിചായതേ ഇല്ല ഇരുപത്തഞ്ചിൻ്റെ ഏഴിലും ഈ പ്രവാചകന്മാരുടെ വാക്കുകളെ കേട്ടില്ല എന്ന് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് അപ്പം ദൈവം കാലാകാലങ്ങളിൽ കുടിയന്മാരുടെ അടുത്തു നിന്ന് ഫലം വാങ്ങിക്കാനായിട്ട് പ്രവാചകന്മാരെ അയച്ചു തൻ്റെ ദാസന്മാരെ അയച്ചു പക്ഷെ അവരെ ഒക്കെയും കൊന്നുകളഞ്ഞു അല്ലെങ്കിൽ ഉപദ്രവിച്ചു കർത്താവും ഈ കാര്യം പറയുന്നുണ്ട് മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത്തി നാലാമത്തെ വാക്യത്തിൽ നമ്മളെ കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ശാസ്ത്രിമാരെയും നിങ്ങളുടെ അയ അടുക്കൽ അവരിൽ ചിലരെ നിങ്ങൾ ക്രൂശിച്ചു കൊല്ലുകയും നിങ്ങളുടെ പള്ളികളിൽ ചമ്മട്ടി കൊണ്ടടിക്കുകയും പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ഓടിക്കുകയും ചെയ്യും കണ്ടോ അപ്പോൾ ആ നിലയിലാണ് അവർ പെരുമാറുന്നത് എന്ന് കർത്താവും പറയുന്നു അതുപോലെ സ്റ്റേഫാനോസ് അപ്പോസലപ്പുറത്ത് ഏഴിൻ്റെ പറയുന്നു പ്രവാചകന്മാരിൽ ഏവനെയാണ് നിങ്ങൾ ഉപദ്രവിക്കാതിരുന്നത് എബ്രായർ പതിനൊന്നിൻ്റെ മുപ്പത്താറ് മുപ്പത്തെട്ടിൽ അവർ പലതരത്തിലെ പ്രവാചകന്മാരെ ഉപദ്രവിച്ചു ഈർച്ചവാളാൽ അറുത്തു യശയ്യാവിനെ അക്ഷരാർത്ഥത്തിൽ തന്നെ ചെയ്തതിൻ്റെ നേർ ചിത്രമാണത് അങ്ങനെയെല്ലാം ചെയ്തു ഒടുവിൽ ദൈവമിത തൻ്റെ സ്വന്തം പുത്രനായ യേശുവിനെ അവരുടെ അടുത്തേക്ക് അയച്ചേക്കുന്നു പക്ഷേ യേശുവിനെ അവരെന്ത് ചെയ്തു പുറത്താക്കി കൊന്നുകളഞ്ഞു എബ്രായർ പതിമൂന്നിൻ്റെ പന്ത്രണ്ടിൽ നമ്മൾ കാണുന്നുണ്ട് പുറത്താക്കി കൊന്നുകളഞ്ഞു എന്ന് പറയുന്നതിനുമായിട്ട് ചേർത്ത് എബ്രായർ പതിമൂന്നിൻ്റെ പന്ത്രണ്ടിൽ യേശു നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ സ്വന്തം പുത്രനെ പിതാവ് അവരെ കൂട്ടാക്കിയില്ല കൊന്നുകളഞ്ഞു ഒടുവിൽ എന്തു ചെയ്തു ഈ കുടിയാന്മാരെ നിഗ്രഹിച്ചു ഈ തോട്ടം നമ്മെപ്പോലുള്ള ജാതികളായ നമ്മളെ അന്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കും നമ്മെപ്പോലുള്ള ആളുകൾക്ക് ഇസ്രായേൽ പൗരതയോട് സംബന്ധത ഇല്ലാതിരുന്ന ആളുകൾക്ക് വാഗ്ദത്വത്തിൻ്റെ നിയമങ്ങൾ കന്യരായിരുന്നവർക്ക് ലോകത്തിൽ ദൈവമില്ലാതിരുന്ന ആളുകൾക്ക് നമുക്ക് തന്നു എന്തുകൊണ്ടാണ് ഈ യഹൂദ ജനത അവരെ വിശ്വസ്തരായില്ല അവരുടെ അടുത്തേക്ക് അയച്ച ദാസന്മാരെ അവരെ കുന്നുകളും അവരുടെ വാക്കുകളെ കേൾക്കാതിരിക്കുകയും ചെയ്തു അതുകൊണ്ട് അവരെ പുറത്താക്കി ആ തോട്ടം കുടിയാന്മാരെ നിഗ്രഹിച്ച് തോട്ടം കേൾപ്പിച്ചു കൊടുക്കും നമ്മളെ ജാതികളായിരുന്നു നമ്മളെ ദൈവപ്രവർത്തിക്ക വെളിയിലായിരുന്നു അന്യന്മാരായിരുന്നു പക്ഷേ നമുക്ക് ഈ കാര്യം ഏൽപ്പിച്ചു തന്നു അതുകൊണ്ട് ആ ഭാഗം പറയുന്നു എന്നാൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായിത്തീർന്നു എന്നെഴുതിയിരിക്കുന്നത് എന്ത് നമുക്ക് ഈ വലിയ ഭാഗ്യം ദൈവം നമുക്ക് തന്നിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് ഈ കിട്ടിയ ആ ഒരു വലിയ ഭാഗ്യത്തെക്കുറിച്ചുള്ള ബോധ്യത്തോടെ നമുക്ക് ക്രിസ്തീയ ജീവിതം ദൈവം സന്തോഷത്തോടെ ധൈര്യത്തോടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം ഈ യഹൂദന്മാരെ പോലെ അവിശ്വസ്തരായി തീരാതെ നമുക്ക് കിട്ടിയത് വലിയ ഭാഗ്യമാണ് എന്ന് ഏറ്റെടുത്ത് നമുക്ക് ദൈവസന്നിധിയിലെ താഴ്മയോടെ നമുക്ക് മുന്നോട്ട് പോകാം ഇവിടെ ഇതാ കർത്താവായ യേശു ക്രിസ്തു ആ മുന്തിരിത്തോട്ടത്തിലെ അവിശ്വസ്തരായ കുടിയാന്മാരെ നിഗ്രഹിച്ച് തോട്ടം അന്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ ആ ഭാഗം കഴിയുമ്പോൾ അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും ഈ ഉപമ തങ്ങളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് തങ്ങളാണ് ഈ അവിശ്വസ്തരായി തീർന്ന കുടിയാന്മാർ എന്നവർ മനസ്സിലാക്കി അവരെ കർത്താവിൻ്റെ മേൽ കൈവയ്പ നോക്കി എങ്കിലും ജനം കർത്താവിനോട് അനുരഞ്ജനപ്പെട്ടിരുന്നതുകൊണ്ട് ജനത്തെ ഭയപ്പെട്ട് അവരൊന്നും ചെയ്തില്ല എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു എന്നാൽ അവരെ തുടർന്ന് ചില ഒറ്റക്കാരെ കർത്താവിൻ്റെ അടുത്ത് അയച്ചു എന്നിട്ട് അവരെന്തു ചെയ്തു അവർ കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമാണ് എന്ന് കർത്താവ് പറഞ്ഞാൽ അത് തൻ്റെ ജനപ്രീതി നഷ്ടപ്പെടുത്തും എന്ന് അവർക്കറിയാം കരം കൊടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞാൽ കരം കൊടുക്കുന്നതിനെ കർത്താവ് തടഞ്ഞു എന്ന് പറഞ്ഞ് അധികാരികളെ കൊണ്ട് കർത്താവിനെ പിടിപ്പിച്ച് ശിക്ഷിക്കാൻ കഴിയും എന്നവർക്ക് അറിയാമായിരുന്നു അപ്പം എന്ത്ഞ്ഞാലും ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് എന്തു പറഞ്ഞാലും അത് കർത്താവിനെതിരായിട്ട് വരും അങ്ങനെയുള്ള ഒരു കുടുക്ക് ചോദ്യമാണ് അവർ കൊണ്ടുവന്നത് അതിൻ്റെ വാക്യം കണ്ടോ അവരെ അവനെ നാടുവാഴിയുടെ അധീനതയിലും അധികാരത്തിലും ഏൽപ്പിക്കാൻ തക്കവണ്ണം വാക്കിൽ പിടിക്കേണ്ടതിന് തക്ക നോക്കിയാണ് നീതിമാന്മാർ ഇന്ന് നടിക്കുന്ന ഒറ്റുകാരെ അവൻ്റെ അടുത്ത് അയച്ചത് അടുത്ത് അവർ ഈ ചോദ്യം ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു ഒരു വെള്ളിക്കാശി കാണിപ്പീൻ ഒരു ദ്രഹ്മപ്പണം അവർ കൊണ്ടുവന്നു എന്നിട്ട് ചോദിച്ചു അതിൻ്റെ സ്വരൂപവും മേലെഴുത്തും ആരുടേത് അന്നൊക്കെ നമുക്കറിയാവുന്നതുപോലെ ആ ഇസ്രായേൽ നാട് അത് അതിൻ്റെ അധികാരം റോമർക്കായിരുന്നു റോമാക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റോമാക്കാരുടെ ആ വെള്ളിക്കാശിൽ അല്ലെങ്കിൽ ദ്രമ്മയിൽ അവർ അത് അതിലെന്തായിരുന്നു അവിടെ ചക്രവർത്തിയുടെ ചിത്രമാണ് ഒരു വശത്ത് ഒരു വശത്ത് ചക്രവർത്തിയുടെ ചിത്രം അവിടെ അന്ന് ഭരിച്ചു കൊണ്ടിരുന്ന തിബരിയാസ് കൈസർ അഗസ്റ്റസിൻ്റെ ചിത്രം ഒരു വശത്ത് പതിക്കുന്നു മറുവശത്തൊരു മേലെഴുത്തുണ്ട് ആ മേലെഴുത്ത് എന്താ ഇത് തിബരിയാസ് കൈസർ അഗസ്റ്റസ് ദിവ്യനായ ദിവ്യ പുരുഷനായ മകൻ ഏ എന്നു ഈ മരിച്ചുപോയ ചക്രവർത്തിയെ ദൈവത്തിന് തുല്യനാക്കിയുള്ള ഒരു മേലെഴുത്താണ് എന്നിട്ട് ഇത് കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു കർത്താവ് പ നമുക്കറിയാം കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് വളരെ നിരുപദ്രവമായ ഒരു മറുപടിയായിട്ട് നമുക്ക് തോന്നിയാലും കൈസർ ദൈവമല്ല എന്നുള്ള കാര്യം കർത്താവ് ഭംഗിയന്തരേണ പറയുകയായിരുന്നു ചെയ്തത് അപ്പോൾ ഈ ചോദ്യത്തിന് കർത്താവ് കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുക ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അവനെ വാക്കിൽ പിടിക്കാൻ കഴിഞ്ഞില്ല അവരെ ലജ്ജിച്ച് കടന്നുപോയി തുടർന്ന് കർത്താവിൻ്റെ അടുത്ത് വന്നതാര സദൂഖ്യരാണ് സദൂഖ്യരെന്ന് പറയുമ്പോൾ അന്നത്തെ യഹൂദന്മാരിലെ ഈ മഹാപുരോഹിതനും ഉൾപ്പെടുന്ന സന്നിധിനി സംഘത്തിലെ ഒരു മേജർ ഗ്രൂപ്പാണ് ഈ സന്നിധിനി സംഘത്തിലെ ഒരു പ്രധാനപ്പെട്ട ആളുകളൊക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് സദൂഖ്യർ അവരുടെ ഒരു പ്രത്യേകത എന്തെന്ന് അവർ പുനരുത്ഥാനത്തിലോ മരണാനന്തര ജീവിതത്തിലൊന്നും വിശ്വസിക്കുന്നവരല്ല മോശയുടെ പഞ്ച ഗ്രന്ഥങ്ങള് മാത്രമേ അവരെടുക്കുകയുള്ളൂ ഈ പരീശന്മാരെ പോലെ അവരുടെ വാമൊഴിയായിട്ടുള്ള ആ നിലയിലുള്ള പാരമ്പര്യം അവർ സ്വീകരിക്കുകയില്ല അവർ പുരോഹിതന്മാരൊക്കെയാണ് പക്ഷേ അവരൊരളവിൽ നമുക്ക് പറയാം ഒരു നിരീശ്വരവാദികളെ പോലുള്ള ആളുകളാണ് മരണാനന്തര ജീവിതത്തിൽ അവർക്ക് വിശ്വാസമില്ല അല്ലെങ്കിൽ മരിച്ചവന് ഉയർത്തെഴുന്നേൽക്കുമെന്ന വിശ്വാസമൊന്നുമില്ല അതുകൊണ്ട് ഈ സദൂഖ്യ ഒരു അടുത്ത് വന്ന് ചോദിച്ച വേദശാസ്ത്രപരമായ ആ സംശയം അവർ അവർ അവർ പിടിച്ചിരിക്കുന്ന ആ വേദശാസ്ത്രത്തെ ന്യായീകരിക്കത്തക്കവണ്ണം ഉള്ള ഒരു ചോദ്യമാണ് അവർ ചോദിച്ചത് എന്താ ഒരുവന് വിവാഹ ഗുരു ഒരു തൻ്റെ സഹോദരൻ വിവാഹം കഴിച്ചിട്ട് മക്കളില്ലാതെ മരിച്ചുപോയാൽ അവനെ അവൻ്റെ സഹോദരൻ അവൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ച് സഹോദരന് സന്ധതി ജനിപ്പിക്കണം എന്ന് മോശ എഴുതിയിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് ആവർത്തന പുസ്തകം ഇരുപത്തി അഞ്ചിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങളാണ് അവരുദ്ധരിച്ചത് അപ്പോൾ മോശ എങ്ങനെ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് പുനരുദ്ധാനം ഉണ്ടെങ്കിൽ പുനരുദ്ധാനത്തില് എന്ത് പറ്റി ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു ഒന്നാമത്തവൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു മക്കളില്ലാതെ മരിച്ചുപോയി രണ്ടാമത്തവനും മൂന്നാമത്തവനും അങ്ങനെ ഏഴ് പേരും മരിച്ചു ഏഴ് പേർക്കും ഭാര്യയായി തീർന്നു ഒടുവിൽ അവളും മരിച്ചു പുനരുദ്ധാനത്തിൽ ഇവള് ആരുടെ ഭാര്യയായിരിക്കും കണ്ടോ പുനരുദ്ധാനം ഇല്ലെന്നാണിവർ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് അപ്പോൾ പുനരുദ്ധാനം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നാൽ അത് ആകെ കുഴപ്പമായി തീരും എന്നുള്ള നിലയിലൊരു ചോ ഒരു കുടുക്കു ചോദ്യവുമായിട്ടാണ് ഇവരെ വന്നത് കർത്താവ് അതിനെന്തു എന്ത് മറുപടി പറയുന്നു കർത്താവ് അവരോട് പുനരുദ്ധാനത്തിൽ ഈ നിലയിലുള്ള വിവാഹമോ വിവാഹത്തിന് കൊടുക്കലോ ഒന്നും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് അവർക്ക് ഒരു വ്യക്തത കൊടുക്കുകയാണ് ആ വാക്യത്തിൽ കണ്ടോ അവിടെ എന്നിട്ട് ദൈവത്തെക്കുറിച്ച് പറയുന്നു ദൈവം ജീവനുള്ളവരുടെ ദൈവമാണ് ദൈവത്തിന് മരിച്ചവരെന്നോ അല്ലെങ്കിൽ ജീവനുള്ളവരെന്നോ എന്നല്ല ദൈവത്തിൻ്റെ മുമ്പാകെ മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരുമെല്ലാം അവർ ദൈവത്തിൻ്റെ മുമ്പാകെ അവരെ ദൈവം യാഥാർത്ഥ്യമായിട്ട് കാണുന്നു എന്നുള്ള കാര്യം അതിൻ്റെ മുപ്പത്തേഴാമത്തെ വാക്യത്തിൽ മുൾപ്പടർപ്പ് ഭാഗത്ത് മോശയോട് താന് അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം ഞാൻ അവരുടെ ദൈവമായിരുന്നു എന്നല്ല മോശയോട് പറയുന്നത് അവർ മരിച്ചെങ്കിലും അവർ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവിച്ചിരിക്കുന്നു എന്നുള്ള നിലയിൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇവരീ പറഞ്ഞ അങ്ങനെയുള്ള പുനരുദ്ധാനത്തിലുള്ള വിവാഹമോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല മുമ്പാകെ ആ ഇസാക്കും യാക്കോവും അവരുടെ ദൈവമായിരുന്നു എന്നല്ല മരണം ദൈവത്തിനൊരു പ്രസക്തമായ കാര്യമല്ല മരണാനന്തര ജീവിതവും സാധാരണ ജീവിതവും അതിനെ ഈ മനുഷ്യര് കാണുന്ന ഒരു കാഴ്ചപ്പാടിലല്ല ദൈവം കാണുന്നത് അതുകൊണ്ട് മോശിയോട് പറഞ്ഞു ഞാൻ അബ്രഹാമിൻ്റെ ദൈവമാണ് ഇസാക്കിൻ്റെ ദൈവമാണ് യാക്കോബിൻ്റെ ദൈവമാണ് അത് പറഞ്ഞാൽ അത് കേട്ടാൽ എന്താ അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അല്ലാതെ അവരുടെ ദൈവമായിരുന്നു എന്നല്ല അപ്പം നോക്കുക ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം കാര്യങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു മറുപടിയാണ് കർത്താവ് അവിടെ അവർക്ക് നൽകിയത് അപ്പോൾ ഈ നിലയിലുള്ള ഇവിടെ നോക്കുക അവർ കൊണ്ടുവന്ന ദൈവശാസ്ത്രപരമായ ചോദ്യത്തിനും കർത്താവ് കൃത്യമായ മറുപടി നൽകി അവരുടെ വായടപ്പിക്കുന്നതാണ് നമ്മളെ കാണുന്നത് തുടർന്ന് നമ്മൾ അധ്യായത്തിൽ മുന്നോട്ട് നോക്കുമ്പോൾ ഈ നിലയിലുള്ള കർത്താ ദൈവത്തെ പിന്തുടരുന്ന ആളുകളുടെ കാപട്യങ്ങളെ കർത്താവ് തൊലിയുരിച്ച് കാണിക്കുന്നു അതിൻ്റെ നാൽപ്പത്തഞ്ച് മുതലുള്ള വാക്യങ്ങൾ നോക്കുക നിലയങ്കുകളോടെ നടപ്പാനിച്ചും അങ്ങാടിയിൽ വന്നനും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും പ്രിയപ്പെടുകയും ചെയ്യുന്ന ശാസ്ത്രിമാരെ സൂക്ഷിച്ചു കൊള്ളി ദൈവം ഇവിടെ കർത്താവ് ഇവിടെ എന്ത് ചെയ്യുന്നു സദൂക്കയരെ മഹാപുരോഹിതനും അടങ്ങുന്ന സദൂക്യരെ അവരുടെ പൊള്ളത്തരങ്ങളെ വ്യക്തമാക്കുന്നു ശാസ്ത്രിമാര് അവര് കൊണ്ടുവന്ന ആ നിലയിലുള്ള കാര്യങ്ങളെ ഒക്കെ കർത്താവ് അവരുടെ പൊള്ളത്തരങ്ങളെ ഇവിടെ വ്യക്തമാക്കുന്നു പരീശന്മാരെക്കുറിച്ച് നേരത്തെ തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നോക്ക് അന്നത്തെ യഹൂദന്മാരുടെ ഡേല് വളരെ ഭക്തന്മാരെന്ന് പേര് കിട്ടിയ ആളുകൾ അവർ അവരുടെ ഭക്തിയൊക്കെ പുറമേ ആയിരുന്നു യഥാർത്ഥത്തിൽ ദൈവത്തോടൊരു ബന്ധമുണ്ടായിരുന്നില്ല ദൈവം വായിച്ച തൻ്റെ പുത്രനെ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ അവർക്ക് കഴിഞ്ഞില്ല ദൈവത്തോടുള്ള സുതാര്യമായ അങ്ങനെയുള്ള ഒരു ബന്ധം ഒരു സിമ്പിൾ പ്യുവർ ഡിവോഷൻ അവർക്കുണ്ടായിരുന്നില്ല അവരുടെ ഭക്തിയൊക്കെ പുറമേ കാണുന്ന മതപരമായ ചടങ്ങായിരുന്നു അതിനെ കർത്താവ് അപലപിക്കുക ചെയ്യുന്നു എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത അധ്യായത്തിൽ കണ്ടു ഇരുപത്തൊന്നിൻ്റെ ഒന്നും മുതൽ നാല് വാക്യങ്ങളിൽ ഒരു പാവപ്പെട്ട വിധവ അവൾ ഒരു വലിയ ഭക്തിയായിട്ടൊന്നും സമൂഹം കാണുന്നില്ല പക്ഷേ അവളുടെ ഹൃദയത്തെ കർത്താവ് കണ്ട് അവളെ അഭിനന്ദിക്കുകയും അവൾ അവളെ ആ നിലയിൽ അംഗീകരിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് നമ്മളെ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നോക്കുക നമ്മളെന്ത് വേണം നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആ ബന്ധമാണ് കർത്താവ് നോക്കുന്നത് ഈ വിധവയ്ക്ക് അവൾക്ക് അല്പമേ ഇല്ലായ്മയിൽ നിന്ന് തൻ്റെ ഉപജീവനം ഒക്കെയും ഇട്ടിരിക്കുന്നു നമ്മൾ വെളിപ്പാട് പുസ്തകം മൂന്നിൻ്റെ എട്ടിലെ ഫിലസെൽഫിയ സഭയോട് പറയുന്നുണ്ട് നിനക്കല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ അത് കാത്തു നമ്മളെ സംബന്ധിച്ചും ദൈവം അതാണ് ആഗ്രഹിക്കുന്നത് ഈ വിധവയ്ക്കുള്ളതുപോലെ ഫിലദൽഫിയ സഭയ്ക്കുള്ളതുപോലെ നമുക്കല്പമേ ശക്തി ഉണ്ടായിരിക്കേ ഉള്ളൂ നമുക്ക് ഈ സദൂഖ്യരെ പോലെ പരീശന്മാരെ പോലെ ശാസ്ത്രിമാരെ പോലെ സമൂഹത്തിൽ ഇന്ന് ക്രിസ്തീയ ലോകത്തുമൊക്കെ പ്രസിദ്ധരായ പലരെയും പോലെ നമ്മൾ ഗണിക്കപ്പെടുന്നുണ്ടാവുകയില്ല ഒരു പക്ഷേ സമൂഹത്തിൻ്റെ ദൃഷ്ടിയിൽ ഒന്നുമില്ലാത്ത ആളുകളായിട്ടായിരിക്കും കരുതപ്പെടുന്നത് എങ്കിലും നമുക്ക് ആന്തരികമായിട്ട് കർത്താവുമായിട്ടൊരു ബന്ധമുണ്ടാവുകയും ഈ വിധവയെപ്പോലെ അല്ലെങ്കിൽ ഫിലി ഫിലതൽഫിയ സഭയെപ്പോലെ അല്പമേ നിനക്ക് ശക്തിയുള്ളൂ എങ്കിലും നീ നിൻ്റെ വിശ്വാസം കാത്തു എന്ന് നമ്മെക്കുറിച്ച് കർത്താവ് പറയുവാൻ അങ്ങനെ ഒരു അഭിനന്ദനത്തിൻ്റെ വാക്കുകൾ നമ്മളെക്കുറിച്ച് പറയാൻ കഴിയുമെങ്കിൽ നമുക്ക് ജീവിതം ധന്യമായി ആ കാര്യത്തിനായിട്ട് യഥാർത്ഥമായി ഈ കാര്യത്തിനായിട്ട് നമുക്ക് വില കൊടുത്ത് കർത്താവിനെ പിന്തുടരാം ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ ആ വിധവയുടെ ആ സംഭവത്തിൽ ശേഷം അതിൻ്റെ അഞ്ച് വാക്യത്തിൽ ആ അധ്യായം ഏറെക്കുറെ തീരുന്നതുവരെ കർത്താവായി യേശുക്രിസ്തു തൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത് ആ കൂട്ടത്തിൽ അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം കണ്ടോ കർത്താവിൻ്റെ വരവിനെ സംബന്ധിച്ച് പറയുമ്പോൾ വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഇവിടെയായി ഉണ്ടാകും മഹാവ്യാധികളും മഹാമാരികളുമൊക്കെ ആ നിലയിൽ അവിടെ പരാമർശിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ കർത്താവായ യേശുക്രിസ്തു തൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് പറയുന്ന ഈ ഭാഗം മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായത്തോടെ ചേർത്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയും അവിടെയും ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആട്ടെ ഇതിനൊക്കെ ഇതിനൊക്കെ കർത്താവിൻ്റെ വരവിന് ഏറ്റവും ആ നിലയിലുള്ള യുദ്ധങ്ങളുണ്ട് യുദ്ധശ്രുതികളുണ്ട് ഭൂകമ്പമുണ്ട് മഹാവ്യാധികളുണ്ട് പല നിലയിലുള്ള പീഡനങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ കർത്താവ് പറയുന്നു അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും അവ തളുക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് സ്വകവയെ അറിയുന്നുവല്ലോ പത്താ എഴുതിയ സുവിശേഷം ഇരുപത്തിനാലിൻ്റെ മുപ്പത്തിരണ്ട് കുറച്ചുകൂടെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ അത്തിയെ നോക്കി ഒരു ഉപമ നമ്മൾ പഠിക്കണം അവിടെ എന്താ പറയുന്നത് ആ ഉപ അതിൻ്റെ അത്തിയുടെ കൊമ്പ ഇളതായി ഇല തളിർക്കുമ്പോൾ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതുക്കൾ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളി അപ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മാറിക്കൂടാത്ത ഒരു കർത്താവ് പറഞ്ഞിട്ടുള്ളത് അത്തിയുടെ തളിർപ്പാണ് അത്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ നേരത്തെയും പറഞ്ഞു അത് യഹൂദാ ജനതയെയാണ് കാണിക്കുന്നത് നമ്മൾ പല വാക്യങ്ങളിൽ യഹൂദ ജനതയാണെന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പഴയ നിയമത്തിൽ യോവേലിൻ്റെ പ്രവചനം ഒന്നാമത്തെയായോ അതിൻ്റെ ഏഴാമത്തെയോ വാക്യം നോക്കുക എൻ്റെ അതിവൃക്ഷത്തെ അതിനെ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു എന്നൊക്കെ ദൈവം പറയുന്നു അത്തിവൃക്ഷം ഇസ്രായേലിനെ യോവേൽ ഒന്നിൻ്റെ ഏഴ് ഹോഷിയ ഒൻപതിൻ്റെ ഇസ്രായേൽ എന്ന അത്തിവൃക്ഷത്തിലെ ആദ്യ തലക്കനിയെക്കുറിച്ച് പറയുന്നുണ്ട് ലൂക്കോസിൻ്റെ സുശേഷം പതിമൂന്നിൻ്റെ ആറ് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് തൻ്റെ പരശുശുശ്രൂഷയുടെ കാലത്ത് ഇഹൂദ ജനതയിൽ ഫലം തിരഞ്ഞതിനെക്കുറിച്ച് അത്തിയിൽ മൂന്ന് വർഷം ഫലം തിരഞ്ഞതിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് മൂന്നാണ്ടവിടെ നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നിൻ്റെ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ അതിവൃക്ഷം ഫലം തരാഞ്ഞത് കൊണ്ട് അതിനെ ശവിക്കുന്ന കാര്യമൊക്കെ ചുരുക്കത്തിൽ ഈ വാക്യങ്ങളെല്ലാം കാണിക്കുന്നത് അതിവൃക്ഷമെന്ന് പറയുന്നത് അത് ഇസ്രായേൽ ആണ് ഇസ്രായേൽ ജനതയാണ് ഈ ഇസ്രായേൽ ജനതയ്ക്ക് ഒരു തളിർപ്പുണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മളെ കർത്താവിൻ്റെ വരവിന് ആ നിലയിൽ ഉള്ള ഒരു ഏറ്റവും മാറിക്കൂടാത്ത ലക്ഷണമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ് അതിവൃക്ഷത്തിൻ്റെ തളിർപ്പ് നമുക്ക് വളരെ വേഗത്തിലെ ചരിത്രത്തിൽ നിന്ന് ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന ചരിത്രത്തിൽ ഈ കാര്യം നമുക്ക് കാണാൻ കഴിയും ഏ ഡി എഴുപതിൽ ഇസ്രായേലിന് രാജ്യം നഷ്ടപ്പെട്ടു കർത്താവിനെ ക്രൂശീകരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ കല്ലുകല്ലിമ്മേശേഷിക്കാതെ വണ്ണം അവരുടെ ദേവാലയം നശിപ്പിക്കപ്പെട്ടു ഇസ്രായേൽ ജനത ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ചിതയ്ക്കപ്പെട്ടു അങ്ങനെ ചിത്രിക്കപ്പെട്ട ചിലർ നമ്മുടെ കേരളക്കരയിലും വന്നിരുന്നു മട്ടാഞ്ചേരിയിൽ അവരുടെ പള്ളിയുമൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ യഹൂദന്മാർ അവരൊക്കെ അങ്ങനെ ഏ ഡി എഴുപതിൽ ഏകദേശം രണ്ടായിരം വർഷമായിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചെതറിപ്പോയി ആ ചെതറിപ്പോയവർ അവരിനിയും വീണ്ടും തളിർക്കും തളിർക്കുമെന്ന് പറഞ്ഞാൽ അവരുടെ സ്വദേശത്ത് വന്ന് വീണ്ടും ഒരു രാജ്യമായിട്ട് അവർ ആയിരിക്കും എന്നാരെങ്കിലും പറഞ്ഞാൽ അന്നൊന്നും ആരും വിശ്വസിക്കുമായിരുന്നില്ല ഞാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലുള്ള എൻസൈക്ലോപ്പീഡിയ അതൊരു വിശ്വവിജ്ഞാനകോശമാണ് ഏറ്റവും ആധികാരികമായ വിശ്വവിജ്ഞാനകോശമാണ് എൻസൈക്ലോപീഡിയ ബ്രിട്ടാണിക്ക അവരുടെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ എഡിഷനിൽ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു രാജ്യമുണ്ടായിരുന്നു ഏ ഡി അവർ നശിപ്പിക്കപ്പെട്ടു ഇവർ പല ഭാഗത്തായിട്ട് ചെതറിപ്പോയി ഇനിയും അവർക്കൊരിക്കലും ഒരു രാജ്യം ലഭിക്കേയില്ല കാരണം സ്ഥിതിഗതികൾ അങ്ങനെയാണ് ഇരുപത്തി മൂന്ന് ഇസ്ലാമിക രാജ്യങ്ങളാണ് അതിന് ചുറ്റും പലസ്തീൻ നാടിന് ചുറ്റും ഈ പലസ്തീൻ്റെ പ്രദേശമൊക്കെ അറബികൾ കൈവശമാക്കിയിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയത് എന്നാൽ ദൈവം ചരിത്രത്തിലൂടെ ഇടപെട്ട് എന്ത് ചെയ്തു ഇവരെ അവിടെ നിന്നെല്ലാം തിരിച്ച് ഇതേ പ്രദേശത്ത് തന്നെ കൊണ്ടുവന്നു അന്ന് യഹൂദന്മാരെക്കുറിച്ച് സഹതാപമുള്ള പലരും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ വലിയ ജനവാസമില്ലാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ അങ്ങനെ ജനവാസമില്ലാത്ത എവിടെയെങ്കിലും നിങ്ങൾക്കൊരു സ്ഥലം തരാം എന്ന് പറഞ്ഞു പക്ഷെ അവരത് സമ്മതിച്ചില്ല യഹൂദൻ അവൻ്റെ സ്വന്തം നാട് രണ്ടായിരം വർഷം മുമ്പ് നഷ്ടപ്പെട്ടു പോയ ആ നാട്ടിൽ അവർക്ക് തിരിച്ചെത്താൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിച്ച് തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിൽ സയനിസ്റ്റ് എന്നൊരു മൂവ്മെൻറ്റ് തുടങ്ങി എന്നിട്ട് യഹൂദന്മാരിലെ തന്നെ പണമുള്ള ആളുകളൊക്കെയും ഈ പലസ്തീൻ നാടിൻ്റെ അവിടെ വന്നിട്ട് അറബികളുടെ കൈവശമായിരുന്ന ഈ ഭൂമി അവർ വില കൊടുത്ത് വാങ്ങാൻ തുടങ്ങി അന്ന് ആ ഭൂമിയൊന്നും വെറുതെ ഒരു പുൽനാമ്പ് പോലും കുരുക്കാത്ത നിലയിൽ മരുഭൂമിയായിട്ടുമൊക്കെ കിടക്കുകയായിരുന്നു അതൊക്കെയാണ് വലിയ വില കൊടുത്ത് യഹൂദന്മാർ വാങ്ങി എങ്കിലും അവരുടെ സംഖ്യ അവിടെ വളരെ തുലവും പരിമിതമായിരുന്നു പരിമിതമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധകാലം ആയപ്പോൾ എൺപത്തയ്യായിരം യഹൂദന്മാരാണ് അവിടെ വില കൊടുത്ത് വാങ്ങിയതും താമസിച്ചതും എന്നാൽ അത് കഴിഞ്ഞോ അത് കഴിഞ്ഞ് വളരെ വേഗത്തിൽ അത്തിയുടെ തളർപ്പ് നമ്മൾ കാണുന്നു രണ്ടാം ലോകമഹായുദ്ധം ആയപ്പോഴേക്കും എന്ത് സംഭവിച്ചു ഹിറ്റ്ലർ വന്ന് ഈ അറുപത് ലക്ഷം യഹൂദന്മാരെ കൊല്ലുകയും അവിടെ നിന്നൊക്കെ ധാരാളം പേര് ഇവിടേക്ക് വരികയും ചെയ്തു അങ്ങനെ രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ആറേകാൽ ലക്ഷം യഹൂദന്മാർ ഈ പലസ്തീൻ നാട്ടിലുണ്ടായി അവസാനം രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം യു ഒക്കെ ഇടപെട്ട് അവർക്ക് ആ രാജ്യം തിരിച്ചു കൊടുക്കുന്നു ഇങ്ങനെ ഇവർക്ക് ഇത്രയും രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ഈ രാജ്യം തിരിച്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ ആരും അത് വിശ്വസിക്കുമായിരുന്നില്ല എന്നാൽ നോക്കുക ഇരമ്യാവിൻ്റെ പുസ്തകം പതിനാറിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക ഇരമ്യാവ് പതിനാറിൻ്റെ പതിനാല് മുതലുള്ള വാക്യങ്ങൾ ഇസ്രായേലിനെ അവരുടെ സ്വന്തം സ്ഥലത്തേക്ക് ഞാൻ മടക്കി കൊണ്ടുവരുമെന്നാണ് ദൈവം പറയുന്നത് അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ മീൻ പിടിക്കുന്ന ആളുകളെ കൊണ്ടും മീൻ പിടിക്കാരെ കൊണ്ടും നായാട്ടുകാരെ കൊണ്ടും അവരെ പിടിച്ചും നായാടിയും അവരെ സ്വദേശത്തേക്ക് കൊണ്ടുവരും ഈ സയണിസ്റ്റ് മൂവ്മെൻറ്റ് പോലൊക്കെയുള്ള അതുപോലെ തന്നെ യഹൂദന്മാരിലെ പണമുള്ളവരുമൊക്കെ മീൻ പിടിക്കാരെ പോലെ ധാരാളം യഹൂദന്മാരെ ശേഖരിച്ച് അവിടെ കൊണ്ടുവന്നാക്കി നായാടികളോ ഹിറ്റ്ലറിനെ പോലെയും ഒക്കെയുള്ള ആ നിലയിലുള്ള ആളുകളെ യഹൂദന്മാരെ പീഡിപ്പിച്ച് അവരെ വേട്ടയാടി അവർക്ക് ഇസ്ര അവർക്ക് ജർമ്മനിയിലോ അല്ലെങ്കിൽ പാശ്ചാത്യ നാടുകളിലോ ഒന്നും താമസിക്കാനൊക്കാത്ത ഒരു സാഹചര്യം അവരെയും അവിടെ നിന്ന് എവിടെ കൊണ്ടുവന്നു ഇവിടെ ഇതാ യഹൂദ നാട്ടിലേക്ക് ഇസ്രായേൽ നാട്ടിലേക്ക് കൊണ്ടുവന്നു അങ്ങനെയാണ് രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോഴേക്കും ആറേകാൽ ലക്ഷം യഹൂദരവിടെ ഉണ്ടാകാനായിട്ടുള്ള കാരണം കണ്ടോ ഇവിടെ എരുമയാവിൻ്റെ പുസ്തകം പതിനാറിൻ്റെ പതിനാലിൽ നമ്മൾ വായിക്കുന്ന ഈ ഭാഗം അക്ഷരാർത്ഥത്തിൽ തന്നെ നിറവേറി അതുപോലെ തന്നെ എസ്കേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതിൻ്റെ എസ്കേൽ മുപ്പത്തി ആറിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യമൊക്കെ നോക്കുക അവിടെ ദൈവം പറയുന്നു ഞാൻ അവരെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ച് ഇസ്രായേൽ ജനതയെ ശേഖരിച്ച് അവരുടെ നാട്ടിലെത്തിക്കും ഞാൻ അവരെ ശേഖരിച്ച് ഞാൻ അവിടെ ആ ഭാഗത്തെ വേദപണ്ഡിതന്മാർ പറയുന്നത് ഇരുപത്തൊന്ന് പ്രാവശ്യം ഐ വിൽ ഐ വിൽ ഐ വില് എന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവം തന്നെ അവരെ പലയിടത്തു നിന്ന് ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിച്ച് മീൻ പിടിക്കുന്നവർ വെള്ളത്തിൽ നിന്ന് ആണല്ലോ മീൻ പിടിക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് വെള്ളമെന്ന് പറഞ്ഞാൽ എന്താ വെളിപ്പാട് പുസ്തകം പതിനേഴിൻ്റെ പതിനഞ്ചെന്ന് പറയും പതിനഞ്ചില് നമ്മൾ കാണുന്നത് വെള്ളമെന്ന് പറഞ്ഞാൽ വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളുമാണ് അപ്പം ഈ ലോകത്തിലെ വിവിധ വംശങ്ങളുടെ ഇടയിൽ പുരുഷാരങ്ങളുടെ ഇടയിൽ ജാതികളുടെ ഇടയിൽ ഭാഷകളുടെ ഇടയിൽ ചിതറിക്കിടന്ന ആളുകളെ ആ വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കുന്നത് അല്ലെങ്കിൽ അവരെ വേട്ടയാടി ഒരു സ്ഥലത്ത് നിന്ന് ഓടിച്ചു പോലെ ഞാൻ പറഞ്ഞത് ഇരമ്യാവിൻ്റെ പുസ്തകം പതിനാറാമത്തെ അധ്യായത്തിൻ്റെ പതിനാലാമത്തെ പതിനാല് മുതലുള്ള വാക്യങ്ങളും അതുപോലെ എസ്കേലിൻ്റെ പുസ്തകത്തിൻ്റെ മുപ്പത്തി ആറിൻ്റെ ഇരുപത്തിനാല് മുതലൊക്കെയുള്ള വാക്യങ്ങളും അവിടെ എല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദൈവം തന്നെ അവരെ വിവിധ സാഹചര്യങ്ങൾ കൊണ്ട് അവസാനം അവർക്ക് നാട് കൊടുക്കും അപ്പോഴത്തിളിർക്കും അത്തി തളിർക്കുന്ന കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ തലകളെ ഉയർത്തണം എന്നാണ് പറഞ്ഞത് കാരണം കർത്താവിൻ്റെ വരവ് വാതുക്കലായിരിക്കുന്നു ഇന്നും ഇസ്രായേൽ സംബന്ധിച്ചുള്ള പല വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം ഇങ്ങനെ ഇസ്രായേല് ഒരു ജനതയായിട്ടും ഒരു രാജ്യമായിട്ടും ശക്തിയോടെ നിൽക്കുകയും അവരുടെ ശത്രുക്കൾക്ക് അവരെ കീഴ്പ്പെടുത്താൻ ഒക്കാതെ വരികയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ വരവ് വാതുക്കലായിരിക്കുന്നു എന്ന് നമ്മൾ തല ഉയർത്തണം എന്നാണ് ലൂക്കോസ് ഇരുപത്തൊന്നിൽ മത്തായി ഇരുപത്തിനാലിലൊക്കെ നമ്മൾ വായിച്ചത് റോമാലേഖനത്തിൽ നിന്ന് പൗലോസിൻ്റെ ഒരു വാക്ക് നോക്കുക റോമർ പതിനൊന്നിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം അവരുടെ അവരുടെ ഭ്രംശം അവരെന്ന് പറയുന്നത് യഹൂദാ ജാതിയാണ് യഹൂദാ ജാതിയുടെ ഭ്രംശം ഭ്രംശം എന്ന് വെച്ചാൽ അവരെ ആ നിലയിൽ തള്ളപ്പെട്ടു പോയത് അവർ ചെതറിക്കപ്പെട്ടു പോയത് ലോകത്തിൻ്റെ നിരപ്പിന് ഏതു എന്ന് വെച്ചാൽ ദൈവീകമായ ഒരു പ്രവൃത്തിയോട് ചേർന്ന് അവരെ ആ ആ നിലയില് ദൈവത്താൽ തള്ളപ്പെട്ട ചെതറിപ്പോയതുപോലെ അത് ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി അവരെ തള്ളിക്കളഞ്ഞത് എന്തായി നമ്മളെപ്പോലുള്ള ജാതികളുടെ ദൈവത്തോടുള്ള നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും മരിച്ചവരുടെ ഉയർപ്പ് എപ്പോഴാണ് നടക്കുന്നത് നമുക്കറിയാം ഒന്ന് തെസ്ലോനിക്കർ നാലിൻ്റെ പതിനാറിലെ നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവിൻ്റെ വരവില് സംഭവിക്കും മരിച്ചവരുടെ ഉയർപ്പ് അപ്പോൾ ഇവരെ ഇവരുടെ അംഗീകാരം ഇവരെ തള്ളിക്കളഞ്ഞത് ഇവരെ തള്ളിക്കളഞ്ഞത് ജാതികളായ നമുക്കത് പ്രയോജനമായി തീർന്നു അങ്ങനെയാണ് ഇവിടെ വായിക്കുന്നത് അവരുടെ പ്രംശം നമ്മളെപ്പോഴുള്ള ലോകത്തിൻ്റെ നിരപ്പിന് ഏത് വായി എങ്കിൽ അവരുടെ അംഗീകരണം അവർക്കിപ്പോൾ കിട്ടുന്ന അക്സെപ്റ്റൻസ് മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ മരിച്ചവരുടെ ഉയർപ്പെന്ന് വെച്ചാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെയാണ് അത് കാണിക്കുന്നത് അതിന് അത് സംഭവിക്കും എന്ന അല്ലാ മരിച്ചുകൊണ്ട് ഉയർപ്പെന്നല്ലാതെ എന്താ ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞത് കർത്താവിൻ്റെ വരവ് വാതുക്കലായിരിക്കുന്നു എന്നാണ് ഈ സംഭവങ്ങളൊക്കെ വിളിച്ചറിയിക്കുന്നത് അതുകൊണ്ട് നമ്മൾ തലകളെ ഉയർത്തണം കർത്താവ് അവിടെ പറയുന്നുണ്ട് അവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മളെന്ത് വേണം നമ്മൾ ജാഗരൂകരായിരിക്കണം അതിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ സംഭവിക്കാനുള്ള എല്ലാറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രത്തിൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് നമ്മൾ എന്ത് വേണം സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഉപജീവന ചിന്തകളാലും നമ്മുടെ ഹൃദയാതിഭക്ഷണത്താലും ഒന്ന് ഭാരപ്പെട്ട ആ ദിവസം കെണി പോലെ നമുക്ക് സംഭവിക്കാതിരിക്കാൻ നമ്മൾ തലകളെ ഉയർത്തുകയും സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം കാര്യം കർത്താവിൻ്റെ വരവ് വാതുക്കലായിരിക്കുന്നു ഈ ലോക സംഭവങ്ങൾ വിശേഷാൽ ഇസ്രായേൽ ജനതയ്ക്ക് സംഭവിച്ചിരിക്കുന്ന അവരെ വീണ്ടും ഒരു രാജ്യമായിട്ട് അവരുടെ അത്തിയുടെ ആ തളിർപ്പ് കർത്താവിൻ്റെ വരവ് വാതുക്കലായിരിക്കുന്നു എന്ന കാര്യം വിളിച്ചറിയിക്കുന്നു അതുകൊണ്ട് നമുക്ക് ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം നമുക്ക് തലകളെ ഉയർത്താം കർത്താവിൻ്റെ വരവിനായിട്ടൊരുങ്ങാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ